വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവോചനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും എന്ന് നമ്മളെ തുടക്കത്തിൽ കേട്ടു അപ്പോൾ പ്രധർ പറഞ്ഞു നമുക്ക് സൗമ്യത എന്ന് പറയുന്നത് താഴ്മയുടെ ഒരു പ്രതിഫലനമാണ് അപ്പോൾ നമുക്ക് സൗമ്യത വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്മ വേണം എന്ന് പറയുകയുണ്ടായി അപ്പോൾ നമ്മളിതെല്ലാം കേട്ട് ശരിക്കും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ സൗമ്യതയാണോ നമ്മളിന്ന് പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലാണ് നമ്മളറിയുക അല്ലെങ്കിൽ നമ്മളെ യേശുവിനെക്കുറിച്ച് സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത് അതൊരു ഞാനൊരു ആറാം വാക്യം ഞാനോ മനുഷ്യനല്ല ഒരു കൃമി മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നും തന്നെ യേശുവിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ധിക്കാരികളായ മനുഷ്യർ നിന്ദിക്കുന്ന മനുഷ്യർ അവരൊക്കെ ആ രീതിയിൽ പ്രതികരിച്ചപ്പോൾ യേശുവിനെക്കുറിച്ച് അവിടെ പറയുന്നത് ഒരു കൃമി ഒരു കൃമിയെപ്പോലെ യേശു പ്രതികരിച്ചു നമ്മളിത് ഇതിനു മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ കൃമിയും പാമ്പും തമ്മിലുള്ള വ്യത്യാസം പാമ്പിനെ ചവിട്ടിയ പാമ്പിന് അടി കൊണ്ട പാമ്പിനെ ചവിട്ടി ഇമ്മീഡിയറ്റ്ലി പാമ്പിന് അതിൻ്റെ പത്തി ഉയർത്തും പക്ഷെ ഒരു കൃമിയെ തൊട്ടാൽ കൃമിയെ ചവിട്ടിയാൽ അത് അതിന് പത്തി ഉയർത്താനൊന്നും പറ്റില്ല അതിങ്ങനെ ചുരുണ്ട് കൂടി അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും രക്ഷപെടാനായിട്ട് നോക്കും അപ്പോൾ നമുക്ക് പറയാം അപ്പോൾ കൃമി സൗമ്യതയോടെ പെരുമാറുന്നു പാമ്പ് ദാഷ്ട്യത്തോടെ പ്രതികരിക്കുന്നു അപ്പോൾ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളുണ്ട് ചെറുപ്പക്കാരുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഭാര്യമാരുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ എല്ലാ കാറ്റഗറിയും ഈ കൂട്ടത്തിലായല്ലോ അല്ലേ അപ്പോൾ നമ്മൾ അപ്പം നമ്മളെല്ലാവരും ഇവിടെയുണ്ട് അപ്പോൾ നം നമ്മുടെ എല്ലാവരുടെയും ഇങ്ങനെയുള്ള ജീവിത യഥാർത്ഥത്തിൽ നമുക്ക് താഴ്മയുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നത് നമ്മുടെ ഈ പ്രത്യേക സാഹചര്യങ്ങളിലുള്ള നമ്മൾ അവിടെ അവിടെ നമ്മളുടെ മേലധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഉത്തരവാദിത്തമുള്ള ആളുകൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ ഒരുപക്ഷെ തിരുത്തുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാനായിട്ട് പറ്റും നമുക്ക് ഇങ്ങനെ ഈ സി എഫ് സിയിലേക്ക് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് അവർ ഇമെയിലുകൾ അയക്കാറുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം വന്ന ഒരു ഇമെയിലിൽ ഒരു വയസ്സുള്ള ഒരാളാണ് അദ്ദേഹം മെയിലയച്ചിരിക്കുന്നത് ചെറുപ്പത്തിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു പക്ഷേ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു കർത്താവ് എനിക്ക് അനുക അനുകൂലമാണ് എന്ന് എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല എൻ്റെ ജോലിസ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അവരെന്നെ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് വളരെ പ്രയാസമായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ദൈവം എന്നെ സഹായിച്ചില്ല ഞാൻ ദൈവത്തെ വിട്ടുകളഞ്ഞു ഞാൻ ദൈവത്തോട് ദേഷ്യപ്പെട്ടു ഞാൻ ദൈവത്തോട് കോപപ്പെട്ടു വർഷങ്ങൾ കുറേ കടന്നുപോയി എനിക്കിപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല എനിക്ക് എന്താ ഞാൻ ചെയ്യുക എനിക്ക് ദൈവം ദൈവം ഇപ്പം എപ്പോഴും എനിക്ക് ദൈവത്തോട് കോപമാണ് അപ്പോൾ ഞാൻ എനിക്ക് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം യഥാർത്ഥത്തിൽ ദൈവം ആരാണ് എന്ന് അദ്ദേഹം കണ്ടിരുന്നില്ല ദൈവത്തെ ദൈവത്തെ വേണ്ടുമണ്ണം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല ദൈവത്തെ വേണ്ടുമെണ്ണം അറിഞ്ഞിരുന്നില്ല തൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് ദൈവത്തിന് അദ്ദേഹം കണ്ട് തൻ്റെ ജീവിതത്തെ ആ രീതിയിൽ അദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്തിരുന്നില്ല തനിക്ക് അനുഗ്രഹിക്കുന്ന തൻ്റെ സാഹചര്യങ്ങളൊക്കെ നല്ല രീതിയിലാവുമ്പോൾ എല്ലാം നന്നായിട്ട് പോകും എന്നുള്ള രീതിയിൽ മാത്രം ഒരു രക്ഷകനായിട്ട് തന്നെ അനുഗ്രഹിക്കുന്നൊരു വ്യക്തിയായിട്ട് മാത്രം ദൈവത്തെ കണ്ടു പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ യജമാനായി തൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി ദൈവത്തെ അദ്ദേഹം കണ്ടിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത് പ്രിയ സൗരസവന്മാരെ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ജോലിക്കാരായ നമ്മൾ ജോലിക്കാരായ നമ്മൾ നമ്മെ സംബന്ധിച്ചോളം നമുക്കൊക്കെ മേലധികാരികളുണ്ട് നമ്മുടെ മേലധികാരികൾ നമ്മെ ഒരു കാര്യത്തിന് തിരുത്തുന്നു അല്ലെങ്കിൽ അവിടെ ജോലിയിൽ കാര്യങ്ങൾ കുറേ പ്രയാസമാണ് കുറേ ബുദ്ധിമുട്ടാണ് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് അതിനോടുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ പലയിടത്ത് അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ പലയിടത്ത് നമ്മൾ ബാക്ക് ബൈറ്റിങ്ങിനെക്കുറിച്ച് സങ്കീർത്തനം പതിനഞ്ചാം സങ്കീർത്തനം ഒന്നാം വാക്യം അത് മൂന്നാം വാക്യം അവിടെ നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹി ഡസ് നോട്ട് സ്ലാൻഡ് വിത്ത് ഹിസ്റ്റങ് എന്നാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലെങ്കിൽ ബാക്ക് ബൈറ്റിങ് ബാക്ക് ബൈറ്റിങ് എന്നാണ് ഒരു വാക്ക് റോമാലേഖനം ഒന്നാം അധ്യായത്തിലും അങ്ങനെയൊരു അവിടെ പല പാപങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അവിടെ ബാക്ക് ബൈറ്റേഴ്സ് ബാക്ക് ബൈറ്റേഴ്സ് എന്ന് പറയുന്ന മലയാളത്തിലത് അവിടെ മുപ്പതാം വാക്യമാണ് അവിടെ സ്ലാൻഡറേഴ്സ് മുപ്പത് മുപ്പത് അവിടെയും കുരുളക്കാരെന്നാണ് ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ തർജ്ജിമ എന്തോ എനിക്ക് തോന്നുന്നു പഴയ ഏതോ മലയാളം തർജ്ജിമയാണ് അതിന് ഈ ബാക്ക് ബൈറ്റർ എന്നുള്ളതിന് ഏഷ്യണി പറയുക അല്ലെങ്കിൽ കുറ്റം പറയുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ തർജ്ജിമ ചെയ്യാനായിട്ട് പറ്റും സ്ലാൻഡർ ചെയ്യുക അപ്പോൾ നമുക്കൊക്കെ ഉദാഹരണത്തിന് നമ്മൾ ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ അധികാരി ഇച്ചിരി ടഫാണ് അല്ലെങ്കിൽ നമ്മുടെ അധികാരി ചില കാര്യങ്ങൾ നമുക്കിഷ്ടമില്ലാത്തതുപോലെ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരു സ്ഥലത്തു നിന്ന് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നു നമ്മളെ എന്തെങ്കിലും ചെയ്യും അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മളോട് പറയുന്നത് നമുക്ക് ഇവിടെയും യേശു സൗമ്യത ഓടെ പ്രതികരിച്ചു എന്ന് നമുക്കറിയാം ഇപ്പം എന്നിട്ട് യേശുവിൻ്റെ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് പത്ത് ദിവസം രണ്ടാം അധ്യായത്തിൽ അവിടെ പറയുന്നു വേലക്കാരെ പതിനെട്ടാം വാക്യം രണ്ടാമധ്യായം ഒന്ന് പത്ര ദിവസം രണ്ടാമധ്യായും പതിനെട്ടാം വാക്യം വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കുകയും അതിനെ തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ മാതൃകയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബാധം മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാഴ്ചവീടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ സ്വാമ്യത യേശുവിൻ്റെ അടുക്കൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് വളരെ അന്യായമായിട്ടാണ് യേശുവിനെ ആളുകൾ യേശു ഒരു തെറ്റും ചെയ്തില്ല എന്നാലും ഒരുപക്ഷെ നമ്മുടെ ഭാഗത്ത് ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ട് നമുക്ക് ചിലപ്പം നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കാം നമ്മളെ ശാസിക്കുന്നത് തെറ്റുകൊണ്ടായിരിക്കാം നമ്മളെ തിരുത്തുന്നത് എന്നാൽ ഇങ്ങനെ നമ്മുടെ ജോലിസ്ഥലത്ത് നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളെ തിരുത്തുന്നു അല്ലെങ്കിൽ നമ്മളെ ശാസിക്കുന്നു അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നു പെരുമാറുമ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടത് പൂർണ്ണ ഭയത്തോടെ നമ്മുടെ സൗമ്യത സൗമ്യമായിട്ടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ദൈവമേ ഈ ഒരു പ്രത്യേക സാഹചര്യം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല എന്നാൽ കർത്താവ് എനിക്ക് കൃപ നൽകണമേ ഞാനിവിടെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നെ സഹായിക്കണമേ കർത്താവെ ഇതിനു പകരം നമ്മൾ ഒരുപക്ഷെ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നില്ല പക്ഷേ നമ്മൾ വന്നിട്ട് വേറെ ഒരാളിനോട് വന്നിട്ട് ഓഹ് എൻ്റെ ആ സാറുണ്ടല്ലോ അങ്ങേര് അങ്ങേര് എന്തോ ഒരു സാധനമാണ് നിങ്ങളുടെ കൂട്ടുകാരനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരനോടോ നിങ്ങളുടെ കൂട്ടുകാരിയോടോ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെന്താണ് അവിടെ നിങ്ങൾ പ്രകടമാക്കുന്നത് നിങ്ങൾ പ്രകടമാക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ താഴ്മയില്ല എന്നുള്ളതാണ് നിങ്ങൾ ആ രീതിയിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കരം കണ്ട് ആ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ കീഴടക്കുന്നവരല്ല അതുകൊണ്ടാണ് നിങ്ങൾ ചെന്ന് മറ്റൊരു വ്യക്തിയോട് ഏഷണി പറയും മറ്റൊരു വ്യക്തിയോട് അവിടുന്ന് അങ്ങനെയാണ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇത് പ്രിയസൗരന്മാരെ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ മേലധികാരികൾക്കെതിരെ നമ്മുടെ ജോലിയിലെ സാഹചര്യങ്ങൾക്കെതിരെ ഒരു ആ ജോലിയുള്ള സാഹചര്യം വളരെ തിക്തമായ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരിക്കുക ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് കർത്താവ് എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ അവിടെ നിന്ന് അതിന് കൃപ കിട്ടുന്നില്ല എനിക്ക് അങ്ങോട്ട് തുടരാൻ പറ്റ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ദൈവമേ അങ്ങ് വേറെ ഒരു വഴി തുറന്നു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം വേറൊരു വഴി തുറന്നു തരികയാണെങ്കിൽ ആ രീതിയിൽ മുമ്പോട്ട് പോവുക അല്ല എനിക്ക് വേറെ ഒരു ഏതെങ്കിലും രീതിയിൽ മുമ്പോട്ട് പോകും പക്ഷേ നമ്മൾ അതിനുള്ള വഴിക്കായിട്ട് കാത്തിരിക്കുക ആ വഴിയിലേക്ക് മുമ്പോട്ട് പോവുക പക്ഷേ നമ്മൾ അവിടെ അതിനെക്കുറിച്ച് നമ്മുടെ മേലധികാരികളെക്കുറിച്ച് നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ കുറ്റം പറയുകയും നമ്മൾ പരദൂഷണം പറയുകയും സംസാരിക്കുകയും ചെയ്താൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിലുള്ള താഴ്മയില്ലായ്മ നമുക്ക് ആ വൃത്തത്തിനുള്ളിൽ നമുക്ക് കീഴടങ്ങിയിരിക്കാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു തെളിവാണ് അത് കുഞ്ഞുങ്ങളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചു ഇപ്പം ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ഒരു മറ്റൊരു സഹോദരിമാർ ഇവിടെ എല്ലാം ഭാര്യമാരായിട്ടുള്ള സഹോദരിമാർ ഭാര്യമാരായിട്ടുള്ള സഹോദരിമാർ നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റൊരു സഹോദരിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വിളിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും ജോലി സ്ഥലങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ മറ്റു അവരുടെ വീട്ടിലെ കുറ്റം പറയാൻ ഭർത്താവിൻ്റെ കുറ്റം പറയാൻ എന്നാലും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ചുറ്റിലാണ് നമ്മളായിരിക്കുന്നത് അറിയാതെ നമ്മുടെ വായിൽ നിന്ന് ഇന്നത്തെ പത്രത്തി പത്രത്തിൽ വായിച്ചു പത്രത്തിൽ വായിച്ചത് അൻപതിൽ പകർ പരം വെട്ടുകൊണ്ടാണ് അതിക്രൂരമായിട്ട് ഒരു ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്ന വെട്ടിക്കൊന്ന് വെട്ടിക്കൊന്നുകഴിഞ്ഞ് അദ്ദേഹത്തിനെ പോലീസുകാരെ വിളിച്ചു കൊണ്ടുപോയി തെളിവിനെടുക്കെ പോയി കഴിഞ്ഞപ്പോൾ പോയി കഴിഞ്ഞപ്പോഴും അദ്ദേഹം വളരെ നിസ്സംഗനായിട്ട് കൂസലില്ലാതെ ആ സമയത്തും ഭാര്യയുടെ കുറ്റം പറയുന്നു എന്നാണ് അവിടെ പത്രത്തിൽ രേഖപ്പെടുത്തിയത് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇത്രയും കഠിനമായി അപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത് ഭാര്യയുടെ കുറ്റമാണ് പറയാനുള്ളത് ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ടും ഭാര്യയുടെ കുറ്റം പറയുന്ന ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ കുറ്റം പറയുന്നു മരിച്ചു കഴിഞ്ഞിട്ടും കുറ്റം പറയുന്ന ഒരു മനോഭാവം എത്ര ഈവിളായിട്ടുള്ളൊരു മനോഭാവമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ള അങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ വലിയ ആത്മീക കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കർത്താവെ എൻ്റെ ഹൃദയത്തിൽ താഴ്മയില്ല എൻ്റെ പ്രതികരണങ്ങൾ എൻ്റെ സംസാരം അത് എൻ്റെ മേൽവെച്ചിരിക്കുന്ന അധികാരങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ജോലിസ്ഥലത്തെ എൻ്റെ സാഹചര്യത്തെക്കുറിച്ച് എൻ്റെ അധികാരങ്ങളെക്കുറിച്ച് എൻ്റെ വീട്ടിലുള്ള എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് എൻ്റെ അധികാരങ്ങളെക്കുറിച്ച് എൻ്റെ അധ്യാപകരെക്കുറിച്ച് എൻ്റെ കോളേജിലെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുന്ന ആ ഒരു സ്വഭാവം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ നീക്കിക്കളയണം നീക്കിക്കളഞ്ഞിട്ട് ദൈവമേ ഈ സാഹചര്യത്തിൽ അങ്ങനെ സഹായിക്കണം അങ്ങനെ എനിക്ക് കൃപ നൽകണം കർത്താവ് ഞാൻ അങ്ങയുടെ മുമ്പാകെ താഴ്ത്തുന്നു അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കും ദൈവം നമ്മളെ സഹായിക്കും അല്ല നമുക്ക് കഴിയാത്തതിനു മീതെ ഒരു പരീക്ഷയും ദൈവം നമുക്ക് നൽകുകയില്ല പരീക്ഷയോടൊപ്പം ഒന്ന് ഒരു പത്തിൻ്റെ പതിമൂന്ന് ദൈവം പൂക്ക് വഴിയും തരും അത് നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധിക്ക് മുകളിലാണെങ്കിൽ ദൈവം തന്നെ ഒരു വഴി തുറന്ന് വാതിലുകൾ സാഹചര്യങ്ങളെ മാറ്റും നമ്മളങ്ങനെയാണ് ഈ കാര്യത്തിൽ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെക്കുറിച്ച് ചെറുപ്പക്കാരോട് പറയുന്നത് ചെറുപ്പക്കാരോടും അങ്ങനെ തന്നെ നമ്മളെ ഫേസി ലേഖനം കുഞ്ഞുങ്ങളോട് പറയുന്നത് ഫേസി ലേഖനം ആറാം അധ്യായത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കാനായിട്ട് അവിടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മളവിടെ കീഴടങ്ങാനായിട്ട് നമുക്ക് പറ്റുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ തരത്തിലുള്ള എതിർപ്പുകൾ നമ്മളെ തിരുത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എതിർപ്പുകൾ കൈപ്പ് വിദ്വേഷം ഇതൊക്കെ പുറത്തു വരും ആ പ്രത്യേക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് നമ്മെ തന്നെ കാണാനും നമ്മെ തന്നെ താഴ്ത്താനും അവിടെ നമ്മൾ ഈ മുപ്പത്തേഴാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിച്ച ആ സമയത്ത് ആ വാക്കിന് ഫ്രെറ്റ് ഫ്രെറ്റ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ അവിടെ പറയുന്നത് അതായതിങ്ങനെ ഇതിനെക്കുറിച്ച് മുഷിയുക മുഷിഗ എന്ന് പറഞ്ഞല്ലോ മുഷിഗ എന്നുള്ളതിന് ഫ്രറ്റ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പുറപ്പെടുത്തുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക മുഷിഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ഈ സാഹചര്യം എൻ്റെ ഈ സാഹചര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ എന്നെയോട് ഇങ്ങനെ ചെയ്യുന്നു എൻ്റെ മേലധികാരി എന്നോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തു മറ്റേ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു മറ്റേ വ്യക്തി ഇങ്ങനെ ഇതിനെയാണ് ഈ മുഷിയുക എന്ന് പറയുന്നത് പ്രിയ സൗര്യ സൗന്മാർ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമുക്ക് ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് കർത്താവെ ഞാൻ എവിടെയാണ് ഈ മുഷിയുന്നത് കർത്താവെ ഞാൻ എവിടെയാണ് ഈ ഈ കുറവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനെവിടെയാണ് ഈ പരദോഷണം പറയുന്നത് ഞാൻ എവിടെയാണ് ഈ ബാക്ക് ബൈറ്റ് ചെയ്യുന്നത് ഞാൻ എവിടെയാണ് ഈ ഫ്രെറ്റ് ചെയ്തുകൊണ്ട് മുറിമുറത്ത് കൊണ്ടിരിക്കുന്നത് അതെന്നെ കാണിച്ചു തരണമേ അവിടെ കർത്താവെ ഞാൻ എന്നെ തന്നെ താഴ്ത്തട്ടെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന് നമ്മെ സഹായിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് നമ്മൾ സദർശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അവിടെ സോറി ഇരുപത്തി ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം പെരുമഴയുള്ള ദിവസത്തിൽ ഇടപെടാത്ത ചോർച്ചയും കലഹക്കാരിയായ സ്ത്രീയും ഒരുപോലെ അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കും നമ്മൾ നമ്മളുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകളില്ല എന്നാൽ പോലും നമുക്ക് നമുക്ക് നമ്മെ തന്നെ അതൊരു സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഒരു ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു യുവാവെന്ന നിലയിൽ ഒരു യുവതി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെ ഒരു കലഹക്കാരിയായ കണ്ടന്ഷ്യസ് മാൻ ഒരു കലഹക്കാരനായ പുരുഷൻ കലഹക്കാരിയായ ഒരു സ്ത്രീ ഇങ്ങനെ ഇടപെടാതെ ഇങ്ങനെ ഫ്രറ്റ് ചെയ്തുകൊണ്ട് പിറുപുർത്തുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ട് എനിക്ക് എന്നെയോട് ഇങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ ചെയ്തു എൻ്റെ മറ്റേ ഇങ്ങനെ പെരുമാറി ആ വ്യക്തി ഇങ്ങനെ ചെയ്തു അതിന് ദൈവത്തിൻ്റെ ഒരു കരത്തെ കണ്ട് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ അടങ്ങിയിരിക്കാനായിട്ട് മിണ്ടാതിരിക്കാനായിട്ട് വേറെ പറഞ്ഞു മിണ്ടാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ മിണ്ടാതിരിക്കുക മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ പ്രവർത്തിക്കാനായിട്ട് അവസരം കൊടുക്കുന്നതിന് പകരം നമ്മളിങ്ങനെ കണ്ടൻഷ്യസായിട്ട് കലഹക്കാരായിട്ട് നമ്മളിരുന്നാൽ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല നമുക്ക് ആ രീതിയിൽ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനിത് പറയുമ്പോൾ ഞാനും എൻ്റെ ജോലിസ്ഥലത്തൊക്കെ പല സാഹചര്യങ്ങൾ ഞാനിങ്ങനെ കാണുന്നുണ്ട് ആ പ്രത്യേക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവമേ എന്നെ സഹായിക്കണമേ എൻ്റെ ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ ഉള്ള ഒരു ടഫായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം അതിൻ്റെ ദൈവം ഗ്രഹിച്ചതെന്നും ദൈവം എന്നെ സഹായിക്കുന്നു ഈയിടെ എനിക്ക് വളരെ വ്യത്യസ്തമായ മറ്റൊരു അനുഭവം ഉണ്ട് എൻ്റെ വളരെ ജൂനിയറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റിൽ ഒരു മുപ്പത് വയസ്സുള്ള ഒരു അധ്യാപകൻ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനെതിരെ ചില അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ വേറൊരു നീക്കി വേറൊരു സീനിയറായിട്ട് ആൾ വന്നപ്പോൾ അപ്പോൾ ഉടനെ അദ്ദേഹം വന്ന് വളരെ ക്ഷുഭിതനായി ഒരു റെസിഗ്നേഷൻ ലെറ്ററും ഒക്കെ ആയിട്ട് വന്ന് പിന്നെ അത് കഴിഞ്ഞ് കുറേ ക്ഷുഭിതനായി എനിക്ക് ഞാൻ ആരാകുമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ സാറിനെക്കാട്ടിലും വലിയ സീറ്റിൽ ഞാൻ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ഷുഭിതനായിട്ട് സംസാരിച്ചു പിന്നെ ഇനി ദൈവം സഹായിച്ച് മാനേജ്മെൻറ്റും എല്ലാവരും കൂടെ അദ്ദേഹം ആ സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ അഡ്മിഷൻ്റെ സമയമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതെല്ലാം നമ്മളത് സോൾവ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓരോരോ സിറ്റുവേഷൻ വരുമ്പോൾ ദൈവം എന്നോട് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു നല്ല കാര്യം കാണുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് ഓക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ഒരു കാര്യവും ഹൃദയത്തിൽ വെക്കാതെ അദ്ദേഹത്തിനോട് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് പറ്റും നമുക്കൊക്കെ ഇങ്ങനെയുള്ള പല പല സാഹചര്യങ്ങൾ നമ്മുടെ മേലധികാരി നമ്മളോട് ടഫായിട്ട് സംസാരിക്കും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് നല്ല രീതിയിൽ അതിനെ കഴിഞ്ഞിട്ട് പെരുമാറാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ വാക്കുകളിലൂടെ ഇവിടെയൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് അറിയാനായിട്ട് പറ്റുക പ്രിയ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ നമുക്ക് ഈ ഒത്തിരി അറിവ് ഈ ഒത്തിരി സത്യങ്ങൾ അത് നമ്മുടെ തലയിൽ നമുക്കിരിക്കാതെ ആ സത്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് നമ്മുടെ സ്കൂളിലേക്ക് കോളേജിലേക്ക് നമുക്ക് കൊണ്ടുപോകാം ദൈവം ആ രീതിയിൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ നമുക്കൊക്കെ നമുക്കെല്ലാം കുറവുള്ളവരാണ് എന്നാൽ നമ്മുടെ കുറവിൻ്റെ മധ്യത്തിൽ നമ്മുടെ കുറവിനെ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക നമ്മുടെ അകൃത്യത്തെ നമ്മൾ സമ്മതിക്കുക ദൈവത്തിന് മുമ്പാകെ കർത്താവേ ഞാൻ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പല സാഹചര്യങ്ങളിൽ ഞാൻ ചില കാര്യങ്ങളിൽ നന്നായിട്ട് പെരുമാറിയ ചില കാര്യങ്ങളെ പറഞ്ഞ് പല കാര്യങ്ങളും ഞാൻ എത്രയോ പരാജയപ്പെട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ചില ജോലി സ്ഥലങ്ങളിലൊക്കെ എനിക്ക് എത്രയോ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് നലിൻ്റെയൊക്കെ മധ്യത്തിലൂടെ ദൈവം നമ്മെ ഓരോ കാര്യങ്ങൾ അഭ്യസിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയത്തെ അറിയുവാനായി നമ്മുടെ മരുഭൂമിയിൽ അവർ ഇസ്രായേൽ മക്കൾ പോയപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്താണ് എന്ന് കാണിക്കാനായിട്ടാണ് ദൈവം അവരെ പല ബുദ്ധിമുട്ടുകളിലൂടെ കടത്തിവിട്ടത് എന്ന് നമ്മൾ അറിയുന്നു നമ്മൾ ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ ഇതാണ് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നാം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം നമ്മെ മാറ്റും നമുക്ക് താഴ്മ തരും ദൈവം നമ്മെ താഴ്മയുടെ വഴിയിൽ ദൈവം നടത്തും സൗമ്യതയുടെ പാഠങ്ങൾ ദൈവം നമ്മെ അഭ്യസിപ്പിക്കും നമുക്ക് മറ്റുള്ളവർക്ക് ആ രീതിയിൽ ഒരു അനുഗ്രഹമായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും ദൈവം പ്രകാരം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ആമേ